തശ്രുതിൗത്രയണിഗവാഷ്കം അശ്വരീരഥം തദായ പ്രതിചക് മേ ശ്രുതിന്റെ ക്ഷ പരിചാരകൻ്റെ സ്തുതി പാഠകർ കണ്ടുപിടിക്കാനായി നിയോഗിച്ചു അയാൾ കാണുന്നത് എന്താണോ പാമാനം കഷ്മാണം അതസ്ഥ ശകടസ്സ്യ ഒരു വണ്ടിയുടെ അടിക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളിനെ കണ്ടു അതാണ് രഹനാണെന്ന് മനസ്സിലാക്കി തിരിച്ചു വന്നു ജാനശ്രുതി അറിയിച്ചു രഹനെ കണ്ടുപിടിച്ചു അതറിഞ്ഞുകഴിഞ്ഞപ്പോൾ ജാനശ്രതി രേഖനെ കാണാൻ പോയി എങ്ങനെയാണ് കാണാൻ പോകുന്നു എന്ന് പറയുന്നു തത്രേ ഗാർഹസ്ഥ്യം പ്രത്യഭിപ്രായം ബുദ്ധ്വനാർത്ഥിതാം ധനാർത്ഥിത ധനത്തിനാവശ്യമുള്ള ആളാണ് പണത്തിനാവശ്യമുള്ള ആളാണ് ഗാർഹസ്ഥ്യം പ്രത്യഭിപ്രായം ഇയാള് ഗൃഹസ്ഥാസനം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കി നാം ജാനശ്രുതി ഇതൊന്നും ശ്രുതി പറയുന്നുണ്ട് ഭാഷകാലം പറയുന്നതാണ് ജാനശ്രുതി എങ്ങനെ മനസ്സിലാക്കി അതൊന്നും പറയുന്നുണ്ട് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നതായും മനസ്സിലാക്കി പണം വേണമെന്നും മനസ്സിലാക്കി ജാനശ്രുതി പോത്രായണതാനികം അറുന്നൂറ് പശുക്കൾ നിഷ്കം കണ്ഠ കണ്ഠഹാരം കഴുത്തിലണിയുന്നതിനുള്ള ഒരു മാല അശ്വതരീരഥം പെൺകുതിരകളെ കൂട്ടിയ ഒരു രഥം അശ്വതരീഭ്യാമ രഥം തതായ ഇത്രയും സാധനങ്ങളും ഉണ്ട് ധനം ഗ്രഹിക്കുക പ്രതിചക്രമേലേക്കും പ്രതിഗതവാൻ കാണാൻ പോയി തം അഭ്യുക്തം കണ്ടതിന് ശേഷം പറഞ്ഞു എന്താണോ ഇമാനിഷവാീരഥോ പറയുന്ന കഥ അറുന്നൂറ് പശുക്കളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അയം നിഷ്കോ ദൈമാല അശ്വതരീരശ്ച അയമേത ധനം ആദസ്വ ഈ രഥവും സ്വീകരിച്ചാലും ഭഗവ അനുസാധികം ഏതാം ഉപദേശിക്കുക അനുമേ ദൈവതാം തോ ഏതേവതയാണോ മാം ഉപാസിക്കുന്നത് തദ്ദേവത ഉപദേശേന മാം അനുസാധിക്കംസങ്ങൾ ാണ് ഏത് ഉപാസനയിൽ നിന്നാണ് ആ മഹത്വം ഉണ്ടായത് ഏത് ദേവതയാണ് ഉപാസിക്കുന്നത് അതെന്നെ ഉപദേശിച്ചാലും ോഭിരസ്തു തധുപുനര ജാനശ്രുതി പൗത്രാണസം ഗം നിഷ് അശ്വതീരഥം ദുഹതരം താദായ പ്രതിചക്മേ തമേ മും രാജാനം പ്രതിവാച അങ്ങനെ അത് അങ്ങ് ആ ഉപാസന എന്നെ ഉപദേശിക്കണമെന്ന് പറഞ്ഞ് കേട്ട് രാജാവിനോട് പറഞ്ഞു അഹ ഇതോ വിതം സാധാരണ നാശം എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് പക്ഷെ ഇവിടെ അർത്ഥമല്ല എന്ന് ഭാഷകാരൻ പറയുന്നു രഹ്ക്കുന് എന്തായാലും ഇയാളെ കൊണ്ടപ്പോൾ ദേഷ്യം തോന്നി നാശം വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഈ അർത്ഥം പറയേണ്ടതെന്നാണ് പക്ഷെ അങ്ങനെ ഞാൻ പറയുന്നില്ലെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത് സാറിന് അങ്ങനെ അതിൻ്റെ അർത്ഥം ദൈവശബ്ദസ്യ പൃഥക് പ്രയോഗ അതവിടെ യവാന്നു പ്രത്യേകം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥം എടുക്കുന്നില്ല ുക്തീ പറയുന്നു ഈ കൊണ്ടുവന്ന ഈ മാല ഈ രഥം സേയം ഹരേത്വ ഗോപിസ്സഹ തവയു ഇതെല്ലാം നിന്റെ കൈ തന്നെ ഇരിക്കട്ടെ തവയവ തിഷ്ഠതു നമ്മ അപര്യാപ്തേന കർമാർത്ഥം അനേന പ്രയോജനം വിദ്യ ഇത് പോരേന അപര്യാപ്തയായി പോര ഈ കൊണ്ടുവന്ന ധനം കർമാർത്ഥം കാരണം ഇവിടെ നേരത്തെ ഭക്ഷ്യകാരൻ കൂട്ടിച്ചേർത്തിരിക്കുന്നില്ല നേരത്തെ പറഞ്ഞു എന്താണ് അയാൾക്ക് ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീ സ്വീകരിക്കണമെന്ന് ആളാണ് പണമൊന്നുവാൻ വേണ്ടി പോരാ കർമ്മം ചെയ്യുന്നതിനോ ഈ സമ്പത്ത് പോരാ അതുകൊണ്ട് ഇതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ല കർമാർഹമായ പ്രയോജനമില്ല ഇതാ പോരാ കൊണ്ടുവന്ന ധനം കുറവാണ് ഇത്തെ അഭിപ്രായവും ഈ അഭിപ്രായത്തിൽ പറഞ്ഞു ഹെയ് സൂദ്ര എന്ന് പറഞ്ഞു അണുഹാരേത്വശൂദ്രസൂദ്ര ഇതെല്ലാം നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഇവിടെ ആണ് പൂർവപക്ഷം നല്ല രാജാസം ക്ഷത്രുസംബന്ധ പറയുന്നു ഇയാള് രാജാവാണല്ലോ ജാനശ്രതി രാജാവാണ് അതെന്താ രാജാവെന്ന് പറയാൻ കാരണം പറയുന്നു ക്ഷത്രി സംബന്ധ കാരണം ഇവിടെ ഒരു ക്ഷത്താവിനെ കുറിച്ച് പറഞ്ഞു ക്ഷത്താവ് എന്ന് പറഞ്ഞാൽ പരിചാരകനെന്നോ സ്തുതിക്കുന്നവനെന്നോ ഒക്കെ അർത്ഥം പറയാം അല്ല ഇനി വേണമെങ്കിൽ മന്ത്രി എന്നും പറയാം അങ്ങനെ ഒരാളിനെ കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരാളിനെ പരാമർശിക്കുന്നതുകൊണ്ട് ജാനശ്രുതി രാജാവാണ് ക്ഷത്രിയനായാണ് എന്നർത്ഥം ക്ഷത്രിയനാണല്ലോ സഹ ക്ഷത്താരം ഉപാചയിപ്പിക്കുന്ന പറഞ്ഞു ക്ഷത്താവിനോട് പറഞ്ഞു എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് ഞാൻ ശ്രുതി ക്ഷത്രിയനായ രാജാവാണ് അത് മാത്രമല്ല വിദ്യാഗ്രഹനായ ബ്രാഹ്മണ സമീപ ഉപകമാ വിദ്യ ഗ്രഹിക്കുന്നതിന് വേണ്ടി വിദ്യ എന്ന് പറയുമ്പോൾ ഉപാസന ഉപാസനയെ ഗ്രഹിക്കുന്നതിനു വേണ്ടി ബ്രാഹ്മണ സമീപം ഗ്രഹിക്കാൻ ബ്രാഹ്മണനാണ് ബ്രാഹ്മണന്റെ സമീപത്ത് ചെന്നു ചെന്നിരിക്കുന്നു പിന്നെ ഒരു ക്ഷത്താവിനെ കുറിച്ച് പറയുന്നു ഇതെല്ലാം കൊണ്ടെന്താണോ ഇയാൾ ക്ഷത്രിയനാണ് ശൂദ്രസ് ജാനധികാര ശൂദ്രത്തിന് ശൂദ്രന് വേദത്തിന് അധികാരമില്ല അത് സിദ്ധാന്തമാണ് ഭക്ഷ്യകാല സിദ്ധാന്തമാണോ അവിടെ പറഞ്ഞിരിക്കുന്നത് മുമ്പ് ചോദിച്ച പൂർവ് ശൂദ്രാന്നെന്തുകൊണ്ട് വിളിച്ചു ഇയാൾ ശൂദനാകാൻ വഴിയില്ല ഇയാൾ ക്ഷത്രിയനാണോ എന്തുകൊണ്ട് ശൂദനാകാൻ വഴിയില്ല ഇയാള് വിദ്യ ആഗ്രഹിച്ച് ബ്രാഹ്മണന്റെ സമീപത്ത് പോയി ശൂദ്രൻ അങ്ങനെ പോകാൻ വഴിയില്ല എന്തുകൊണ്ട് ശൂദ്രന് അധികാരമില്ല വിദ്യയ്ക്ക് അധികാരമില്ല കഥമിതം അനന് രൂപം എരോക്കുകയാണ് ഉച്ചത് ഹേശൂദ്രവിടെ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അനന് രൂപമായി സന്ദർഭത്തിന് യോദിക്കാത്ത രീതിയിൽ എരിക്കുകയാണ് ഉച്ചത് എരയിക്കുൻ പറഞ്ഞു ഹേ ശൂദ്രൻ നേരിട്ട് പറഞ്ഞിരിക്കണം എടോ ശൂദ്ര നിന്റെ ഇതെല്ലാം നിന്റെ കയ്യിലിരിക്കട്ടെ അന്നത്തെ കാലത്ത് ഇതൊക്കെ സ്വാഭാവികമാണ് ഒരാൾ ശൂദ്രനാണെങ്കിൽ ഒരാളെ ശൂദ്രൻ എന്ന് പറയുക സംബോധന ചെയ്യുക ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണൻ എന്ന് സംബോധന ചെയ്യുക ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണ് അങ്ങനെ സമൂഹത്തിൽ ജാതിഭേദം നിലനിരുന്ന കാലമായതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത് സ്വാഭാവികമാണ് വരേക്കൻ ശൂദ്ര എന്ന് പറഞ്ഞല്ലോ ഇവിടെ ശ്രുതിയിൽ യാൽ ക്ഷത്രിയനാണെന്ന് പറയുന്നുല്ലോ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു പറയുന്നു തത്രാഹ ഒരു ആചാര്യ ഈ വിഷയത്തെ കുറിച്ച് ആചാര്യന്മാർ പറയുന്നു എന്തുകൊണ്ട് ശൂദ്രൻ പറഞ്ഞു ഹംസവചന ശ്രവണാഥ് തന്റെ വീട്ടിന്റെ മുകളിൽ ഹംസങ്ങൾ പറയുന്നത് കേട്ടു കേട്ടതുകൊണ്ട് എന്തെയ്തു ജ്ഞാനശ്രുതി ുചാ ശ്രുവാദ്രവ്യരാത്മന പരോക്ഷം ദർശയൻ ശുദ്ധരീത സമീപിക്കുന്നു ശുത്വരീത്യസ് മഹിമാനം അതൊരു പക്ഷെ ദുഃഖം മഹിമയെ കേട്ടിട്ട് ദുഃഖം ഉണ്ടായതാകാം അങ്ങനെ ആ ദുഃഖത്തോടുകൂടി ഇവിടെ വന്നിരിക്കുന്നു ദുഃഖത്തോടുകൂടി വന്നിരിക്കുന്നു അതുകൊണ്ട് ആത്മന പരോക്ഷജ്ഞത ദർശയുന്നു ഇവന് വന്നു കണ്ടു കരഞ്ഞുകൊണ്ടൊന്നും തന്നെ വന്നത് ഈ ഇത്രയും സമ്മാനങ്ങളുമായിട്ടൊക്കെ വരികയാണ് ഇവനു ദുഃഖമുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കി പറയുന്നു ഋഷി ഇവിടെ രഹൻ ആത്മനഹ പരോക്ഷജ്ഞത തനിക്ക് പരോക്ഷമായ കാര്യങ്ങളെ അറിയുന്നതിനുള്ള കഴിവുണ്ട് എന്ന് വെച്ചാൽ പ്രത്യക്ഷമായി കാണാത്ത കാര്യങ്ങളെയും അറിയാൻ കഴിവുണ്ട് എന്നുള്ളതിനെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് യശുദ്ര നിന്റെ മനസ്സിൽ ദുഃഖമുണ്ട് അതുകൊണ്ട് നീ ശൂദ്രനാണ് പുറമെ അതൊന്നും കാണുന്നില്ലെങ്കിലും ഇവിടുത്തെ കൃഷിക്ക് പരോക്ഷം ഞാനുള്ള ആളാണ് നേരിട്ട് കാണാൻ വയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആളാണ് അതുകൊണ്ട് ശൂദ്ര ഇത്യാഹു അതുകൊണ്ട് ശൂദ്രാന്ന് പറഞ്ഞതാകാം എന്തായാലും ഞാൻ ശൂദ്രനണ്ട ക്ഷത്രിയനാണ് ഇനിയുമുണ്ട് ഹേതു ശൂദ്രദ്വനേനേവേനം വിദ്യാഗ്രഹനായ ഉപജകാമ എന്ന ശുശ്രൂഷയ ശൂദ്രനെ പോലെ കേവലം ധനവുമായിട്ട് വന്നു വിദ്യ ഗ്രഹിക്കുന്ന ഒരിക്കലും സമീപിച്ചപ്പോ ധനം മാത്രമായിട്ടാണ് വന്നത് എന്നുവച്ചാൽ ശുശ്രൂഷയ അവിടെ വിദ്യ ഗ്രഹിക്കാന്ന് വിചാരിച്ചു ധനം കൊണ്ട് ശുശ്രൂഷ സേവ എന്നും കൂടാതെ കേവലം ധനം കൊടുത്ത് വിദ്യ വാങ്ങാൻ അതൊരു ശൂദ്രബുദ്ധിയാണ് അതുകൊണ്ട് ശൂദ്ര എന്ന് വിളിച്ചതാകാം നതുജാ ശൂദ്രീതി അതുകൊണ്ട് എന്താണ് സിദ്ധാന്തം ജനശ്രുതി ജാതിയിൽ ശൂദ്രനല്ല അവരെ പുനഃ എന്നു പറഞ്ഞല്ലോ ആചാര്യ ഹെച്ചൽ ഇങ്ങനെ പറയുന്നു മറ്റുപറയുന്നത് എന്താണ് അൽപ്പം ധനം ആഹൃതമിതിയനു മുക്തവാന് ശുദ്രീ ധനം വളരെ കുറച്ചാകൊണ്ടിരുന്നു അറുന്നൂറ് പശുവും സ്വർണം മാലയും രഥവും ഇതെല്ലാം കുറവാണ് ലേഖുവിനെ സംബന്ധിച്ചത് അത് കുറവായത് കൊണ്ട് സൂദ്ര എന്ന് വിളിച്ചു എന്തുകൊണ്ട് ലിംഗഞ്ച ബഹ്വാഹരണി ഉപാധാനം ധനസിൽ ധനം കൊണ്ടെന്ന് സ്വീകരിച്ചു അപ്പൊ കുറഞ്ഞതുകൊണ്ടാണ് സൂദ്ര എന്ന് വിളിച്ചത് ഋഷിർ മതം ഞാത്വാ കൃഷിയുടെ ഉള്ളിലെടുപ്പ് മനസ്സിലായി ഞാൻ കൊണ്ടുവന്നത് പോരാ പുനരേഖ ജാനശ്രുതി പൈത്രായണോ വീണ്ടും ജാനശ്രുതി പൌത്രായണൻ ഗവാസഹസ്രം അറുന്നൂറെ എന്നുള്ളത് ആയിരമാക്കി കൂട്ടി അധികം ജായാം കൃഷിയിൽ അഭിമതാം ഗുഹിതരം തന്റെ പുത്രിയെ തന്നെ കൊണ്ടുവന്നു ഭാര്യയാക്കാൻ കൃഷിക്ക് ഭാര്യയാക്കുന്നതിന് വേണ്ടി കൃഷിയുടെ മനസ്സിലേക്ക് മനസ്സിലാക്കിയിട്ട ആത്മനഹായ പ്രതിചക് ചക്ര ക്രാന്തവാൻ വീണ്ടും പോയി ഇത്രയും സാധനങ്ങളുമായിട്ട് വീണ്ടും വന്നു സഹസ്രംഗവം നിഷ്കം അശ്വതരീരഥം ദുഹിതരം തദാതായ പ്രതിചക്രയെ പോയി ഉപദേശ സ്വീകരിക്കുന്നതിന് വേണ്ടി രണ്ടാമത് ഇത്രയും സാധനങ്ങളുമായിട്ട് വന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ഈ ഭാഗം ഭാഷകാരന് ഉപയോഗിക്കുന്നത് വ്യാഖ്യാനിച്ചത് ശൂദ്രന് വിദ്യയിൽ അധികാരമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ശൂദ്രനധികാര ഇതാണ് ബ്രഹ്മസൂത്രത്തിലെ അപശൂദ്രാധികത്തിന്റെ അടിസ്ഥാന വിധത്തി ുഃഖമുണ്ടായി അനാദരൻ ശ്രമിച്ചത് കൊണ്ട് ഹംസങ്ങൾ പറഞ്ഞല്ലോ ഇയാളൊന്നുമല്ല രഹിക്കാനാണ് ശ്രേഷൻ അതുകൊണ്ട് ദുഃഖമുണ്ടായി അതുകൊണ്ട് ആ ദുഃഖത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് സൂചിതി ജ്ഞാനശ്രതി ശൂദ്ര എന്ന് വിളിച്ചത് അത്രയും കാര്യം വേണമെങ്കിൽ സ്വീകരിക്കാം എന്താണ് ജ്ഞാനശ്രുതിക്ക് ദുഃഖമുണ്ടായി ഇന്ന് വേണമെങ്കിൽ സ്വീകരിക്കാം പക്ഷെ ജനശ്രുതിയെ കുറിച്ച് ദുഃഖമുണ്ടായി പോയിന്നല്ല ശ്രുതി പറയുന്നത് മറിച്ച് വളരെ ദിവ്യനായ ഒരാളുണ്ട് എന്ന് കേട്ടപ്പോ അതറിയുന്നതിനുള്ള ജിജ്ഞാസ കൊണ്ട് പോയി എന്നാണ് ശ്രുതി പറയുന്നത് എനിക്കതറിയണം അത്രയും മഹത്വം ഉള്ളത് എന്താണോ കാരണം എന്തുകൊണ്ട് ജ്ഞാനശ്രുതിയെക്കുറിച്ച് ശ്രുതി പറയുന്ന ആൾ ധർമ്മജ്ഞനാണ് പരമയോഗ്യനാണ് പരമയോഗ്യനായ ഒരാളിന് വേറൊരാളിന്റെ ഉത്കർഷത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ദുഃഖം ഒരിക്കലും ഉണ്ടാവത്തില്ല മനുഷ്യർ മഹാത്മാവിനെ കുറിച്ച് ആരെങ്കിലും കേൾക്കുമ്പോൾ മഹാത്മാവിനെ കാണാൻ പോകുന്നത് അസുഖയോടുകൂടിയോ അമർഷത്തോടു കൂടിയോ അല്ല വളരെ ഭക്തി ശ്രദ്ധ വിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ ജ്ഞാനശ്രുതി പോയതും അങ്ങനെയാണ് അതിന് തെളിവാണെന്ത് ഇത്രയും സമ്മാനങ്ങളുമായിട്ട് പോകുന്നു ഹരക്കുവിൻ്റെ താൻ കേട്ട ആ മഹത്വത്തെ അംഗീകരിച്ചു കൊണ്ടാണ് അപ്പം തൻ്റെ വലിയ സമ്പത്തെല്ലാം കൊണ്ട് സമർപ്പിക്കുന്നത് അസൂയ കൊണ്ടാണ് അങ്ങനെ അറിയിച്ചു ചെയ്യും പിന്നെ ദുഃഖത്തിനവിടെ യാതൊരു വഴി ഇവയുടെ ഭാഷകാരം പറഞ്ഞിരിക്കുന്നത് ദുഃഖം കൊണ്ട് ആണ് പോയത് ഒരു വിദ്യയെ പ്രത്യേകിച്ച് ഒരു ഉപാസന പറയുന്ന ചോദിക്കുന്ന എന്താണോ അങ് ഉപാസിക്കുന്ന ദേവത ഏതാണോ എന്ന ചോദിക്കുന്നു അപ്പോൾ ഉപാസനയെ മനസ്സിലാക്കാനാണ് പോയത് ഒരു ഗുരുവിൻ്റെ അടുത്താണ് പോയത് അപ്പോൾ ആ ഗുരുവിനോടുള്ള അമർഷം കൊണ്ട് ഉദ്ദേശം കൊണ്ട് ആരെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് ഉപാസന അല്ലെങ്കിൽ എന്തെങ്കിലും വിദ്യ ചോദിക്കാൻ പോകും അത് പക്ഷെ അങ്ങനെ ഇവിടെ വ്യാഖ്യാനിച്ചു അതെന്തിനു വേണ്ടി ശൂദ്രന് വിദ്യധികാരമില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഈ കസരത്തുകൾ എല്ലാം കാണിച്ചിരിക്കുന്നത് അതിനുവേണ്ടിട്ടാണ് ഇവിടെ എന്തു പറഞ്ഞു അതിനുവേണ്ടി എന്താണ് ആദ്യം സമ്മതിച്ചത് ഇവിടെ ജ്ഞാനേശ്വരി ശൂദ്രനല്ല എന്നാ ലേഖൻ പറഞ്ഞാണ് ലോ സൂദ്ര ഇതെല്ലാം നിന്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു സൂദ്രന് എന്താണ് ദുഃഖമുള്ളത് കൊണ്ട് ശുചാ ദുഃഖത്തോടു കൂടി വന്നു എന്നാണ് ഇവിടെ ദുഃഖത്തിനുള്ള യാതൊരു സംഗതി ഇല്ല അപ്പം സൂദ്രന് ഇവിടെ ദുഃഖത്തോടു കൂടി വന്നവനെന്നുള്ള അർത്ഥം എടുക്കുന്നു കേട്ടിട്ട് തന്റെ കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് രഹിക്കനെ അധിക്ഷേപിച്ചിരുന്നെങ്കിൽ പറയാം അയൊക്കെ ദുഃഖം ഉണ്ടായി അതെല്ലാം ഇവിടെ ശിഷ്യനായി വരികയാണ് ഗുരുവിന്റെ അടുത്ത് പിന്നെ തന്റെ അനാദരിച്ചത് കൊണ്ടുള്ള ദുഃഖം എന്ന് പറയാൻ കഴിയും ഇനി ഇവിടെ ദുഃഖം എന്ന് പറയുന്നത് കൊണ്ട് എന്ന് പറയും വിദ്യാവസനം വിദ്യ വിദ്യാര്ഥികൾക്കുണ്ടാകുന്നതാണ് വിദ്യാഭ്യസനം ഒരാൾ വിദ്യ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്നത് ലഭിക്കുന്നില്ല ആ വിദ്യ പ്രാപിക്കുന്നതിനുള്ള ആഗ്രഹം അതിനെപ്പറയാൻ ദുഃഖം അങ്ങനെ വിദ്യാഭ്യസനത്തോടു കൂടി ഒരാള് ഒരു ഗുരുവിന്റെ അടുത്ത് വന്നാൽ അയാളെ ഉപേക്ഷിക്കാൻ പാടില്ലെന്നാണ് അയാളെ ഉപദേശിച്ച് തന്നെ തീരണം കാരണം എന്തുകൊണ്ട് അയാൾ അധികാരിയാണ് യോഗ്യനാണ് വിദ്യയാൾ ആഗ്രഹിക്കുന്നു അപ്പൊ അയാൾ കൊണ്ടുവന്ന സമ്പത്തൊക്കെ നോക്കിയിട്ട് ശരി പോരാ എന്ന് പറഞ്ഞൊരിക്കും ഉപേക്ഷിക്കത്തില്ല അപ്പോ അതുകൊണ്ടിവിടെ പറയുന്നു വിദ്യാഭ്യസനത്തെയും പറയുന്നുണ്ട് ശൂദ്രശബ്ദത്തിന് ഇവിടെ വിത്പത്യർത്ഥം പറഞ്ഞു ശുചാദ്രപതി ദുഃഖം കൊണ്ടുവന്നവൻ എന്ന് പിന്നെ ശൂദ്രശബ്ദത്തിന് അങ്ങനെ ഒരർത്ഥം പറയാമോ വേണ്ടി വന്നാൽ പറയാം കാരണം ശബ്ദത്തെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് കാഴ്ചപ്പാടാണ് ഒന്ന് രൂഢ ശബ്ദം മറ്റൊന്ന് യൗകീക ശബ്ദം രൂഢ ശബ്ദമാണെങ്കിൽ അതിൻ്റെ ഉൽപ്പത്തി പറയേണ്ട കാര്യമില്ല ശൂദ്രൻ എന്ന് പറയുന്ന ഒരു ജാതിയെ കുറിക്കുന്നു അല്ല യൗകീക ശബ്ദമാണെങ്കിൽ പറയാം എന്താണോ ദുഃഖമുള്ളവൻ ശൂദ്രൻ അങ്ങനെ അർത്ഥം പറയുന്നതിന് തെറ്റില്ല അങ്ങനെ പറയാം അതുമാത്രമല്ല സർവശബ്ദങ്ങളും യൗകികമാണെന്നൊരു പക്ഷമുണ്ട് ഭക്ഷാശാസ്ത്രജ്ഞന്മാർഗല്ലുണ്ട് ഇതുകൂടെ ശബ്ദമേയില്ല ഏത് ശബ്ദം കണ്ടാലും അതിനെ യോഗികമായി സ്വീകരിക്കും ആ ഒരു പക്ഷം അനുസരിച്ചും ശൂദ്ര ശബ്ദത്തിന് ശുചാദ്രപതി ദുഃഖം കൊണ്ടുവന്നവനെന്നർത്ഥം പറയാം ദോഷമില്ല പക്ഷെ ഇവിടെ എന്തിനാത് പറഞ്ഞു അർത്ഥത്തെ സ്വീകരിച്ചോ ശൂദ്രന് വേദത്തിൻ്റെ അധികാരമില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടിട്ട് അത് കൃത്രിമമായി ചെയ്ത കാര്യമാണ് കൃത്രിമവും മനഃപൂർവ്വമായിട്ട് ചെയ്തതാണ് കാരണം ഈ ഉപനിഷത്ത് കേൾക്കുന്ന ഒരാൾക്ക് ശൂദ്ര ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയും രണ്ടാമത് തിരിച്ചു വരുമ്പോ ശൂദ്ര എന്ന് വിളിച്ചിട്ട് എന്നെ ഉപദേശിക്കുകയും ചെയ്യുന്നു പിന്നെ തിരിച്ചു കൂടുതൽ സമ്പത്തായിട്ട് വരുമ്പോഴും രേഖൻ ശൂദ്ര എന്ന് വിളിച്ചിട്ടാണ് ഉപദേശിക്കുന്നത് അപ്പൊ സ്വാഭാവികമായും എന്ന് വിളിച്ചിട്ട് ഉപദേശിച്ചത് കൊണ്ട് ശൂദ്രന് വിദ്യയ്ക്ക് അധികാരമുണ്ടെന്ന് വരും സ്വാഭാവികമാണ് അതാണ് അതിന്റെ നേരിട്ടുള്ള അർത്ഥം സരളമായിട്ടുള്ള അർത്ഥം ഈ അർത്ഥം ധരിച്ചു കഴിഞ്ഞാൽ ശൂദ്രന് വിദ്യക്ക് അധികാരം അങ്ങനെ വരാൻ പാടില്ല എന്ന് മനപ്പൂർ വിചാരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ കൃത്രിമമായി ഭാഷ ഉണ്ടാക്കിയത് ഇതുതന്നെയാണ് അവിശുദ്രാധികരണത്തിന് ചെയ്യുന്നത് നമ്മൾ ബ്രഹ്മസൂത്രം പഠിച്ചു പക്ഷെ അശുദ്രാധികരണം പഠിച്ചില്ല അതുകൊണ്ട് ഇവിടെ പഠിപ്പിക്കുക ഈ രണ്ടിടത്തും അശുദ്ദ്രാധികരണത്തിൽ അഞ്ച് സൂത്രങ്ങളിൽ എല്ലാ സൂത്രവും ഇതിനെയാണ് ടിസ്ഥാനമാക്കിയാണ് പ്രധാനമായിട്ടും മറ്റു ചില വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം ഇങ്ങനൊരു കൃത്രിമമായി ഒരു ഭാഷ ഉണ്ടാക്കിയാൽ മാത്രമേ സൂദ്രന് വേദത്തിലെ അധികാരത്തെ നിഷേധിക്കാൻ പറ്റൂ അതിനു വേണ്ടിയിട്ട് ഇവിടെ ശൂദ്രശബ്ദത്തിന് യൗകിക എന്ന് പറഞ്ഞു നമുക്ക് ജ്ഞാനശ്രുതി ക്ഷത്രിയനാക്കണം അപ്പം ഇത് ഒരു ശാസ്ത്രത്തിന് നിരക്കുന്ന കാര്യമല്ല അതുമല്ല ഇവിടെ ശൂദ്രശബ്ദത്തിന് ഇവിടെ ഇപ്പോൾ യൗകികാർത്ഥം എടുക്കും അത് കഴിഞ്ഞിട്ട് അപ്പം ശൂദ്രാധികത്തിൽ മുന്നോട്ട് വരുമ്പോൾ ഇതേ ശൂദ്രശബ്ദത്തിന് തന്നെ അവിടെ രൂഢാർത്ഥം എടുത്തിട്ടുണ്ട് എന്നതിനു വേണ്ടി ശൂദ്രനും വേദത്തിലെ അധികാരമില്ലെന്ന് സമർപ്പിക്കാൻ അത് ഒരേ ശബ്ദത്തിന് തന്നെ ഒരു കാര്യം സാധിക്കുക എന്താണ് ശൂദ്രന് വേദത്തിൽ അധികാരമില്ലെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കുക യൗകിക അർത്ഥം എടുത്തു കഴിഞ്ഞാൽ അത് സാധിക്കുമെങ്കിൽ അങ്ങനെ രൂഢാർത്ഥമെടുത്താൽ അത് സാധിക്കുമെങ്കിൽ അങ്ങനെ എന്നാൽ ഇവിടെ രൂഢാർത്ഥം എടുത്താലോ രൂഢാർത്ഥം എടുത്തു കഴിഞ്ഞാൽ വരുന്ന എന്താണ് ശൂദ്രന് വേദത്തിൽ അധികാരമുണ്ടെന്ന് വരും അതൊരിക്കലും വരാൻ പാടില്ല എന്നുള്ള ദുരുദ്ദേശമാണ് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു പിന്നിലുള്ളത് അപശദ്രാധികാരണത്തിന്റെ അവസാന സൂത്രത്തിന്റെ ഭാഷയത്തിൽ എൻ്റെ ഉപസംഹാരത്തിൽ അവിടെ പൂർവോക്ഷമായിട്ട് വരും ശൂദ്രൻ്റെ വേദാധികാരമില്ലെങ്കിൽ വിതുരൻ ധർമ്മവ്യാധൻ തുടങ്ങി ജ്ഞാനികൾ മുക്തന്മാരെ കുറിച്ച് പറയുന്നുണ്ടോ അവർക്കെല്ലാം എങ്ങനെ അവരെല്ലാം അവിടെ ഭാഷകാരം പറയും അവരെല്ലാം പൂർവ്വജന്മത്തിലെ സംസ്കാരം കൊണ്ട് ജ്ഞാനികളും ആയി മുക്തന്മാരായവരാണോ വിധിനെ ശൂദ്രനായിട്ടാണ് ജാതി അനുസരിച്ച് കണക്കാക്കിയിരിക്കുന്നത് ദാസി പുത്രം ധർമ്മവ്യാധൻ വ്യാധനാണ് വനവാസിയാണ് വനത്തിൽ കഴിയുന്നവനാണ് അരച്ചു വെട്ടുകാർ ഈ രണ്ടു പേര് ഈ ശൂദ്രന്മാരായിട്ടാണ് പക്ഷേ അവരെ ജ്ഞാനിയും മുക്തന്മാരുമായിട്ട് എന്തുകൊണ്ട് പറയുന്നു കാരണം പൂർവ്വജന്മങ്ങളിൽ അവർ വേദാധ്യയനവും മറ്റും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ജന്മത്തിൽ അവരെ സംസ്കാരം കൊണ്ട് ജ്ഞാനികളായവരാണ് എന്നാലും ശൂദ്രന് അധികാരമില്ല എന്നാണ് ഇവിടെ എന്താണ് പറഞ്ഞത് ദുഃഖ അവിടെ പറയുന്നത് എന്താണ് വിതുരനും ധർമ്മവ്യാധനും ശൂദ്രനാണ് ാണ് ഭാഷകാരൻ തന്നെ പറയുന്നത് അപ്പോൾ വിദുരനും ധർമ്മവ്യാധനും ജ്ഞാനിയാണ് മുക്തനാണെന്ന് സമ്മതിക്കുന്നുണ്ട് പക്ഷേ ശൂദനാണെന്ന് അപ്പൊ ഈ അർത്ഥം അവിടെ ചേരുമോ ദുഃഖമുള്ളവനാണ് ശൂദനെന്ന് പറയുന്ന അവിടെ യോജിക്കുക ജ്ഞാനിക്കും മുക്തനും ദുഃഖമുണ്ടെന്ന് വന്നു ജ്ഞാനത്തിനും മുക്തിക്കും അർത്ഥമില്ലാത്തവരും പക്ഷെ അവിടെ പറയുന്നു രണ്ടുപേരും ജ്ഞാനികളും മുക്തന്മാരുമാണ് പക്ഷേ ശൂദരനുമാണ് അപ്പൊ ശൂദ്രൻ ദുഃഖമുള്ളവനെന്നുള്ള അർത്ഥം അവിടെ എടുക്കാൻ നോക്കില്ല അതുകൊണ്ട് അവിടെ ശൂദ്രശബ്ദനെന്ത് ചെയ്തു രൂഢാർത്ഥമെടുത്തു വെച്ചാൽ അവർ ശൂദ്ര കൊലത്തിപ്പുറന്നവർ അപ്പൊ അവിടെ ശൂദ്ര ശബ്ദത്തിന് രൂഢാർത്ഥമെടുത്ത് എന്തിനാണ് അവിടെയും ശൂദ്രന് വിദ്യയ്ക്ക് എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി അവിടെ രൂഢ ശബ്ദം എടുത്തിട്ട് സമർത്ഥിച്ചു ഇവിടെ യൗകികാർത്ഥം എടുത്തിട്ട് സമർത്ഥിച്ചു രണ്ടിടത്തിന് ലക്ഷ്യം ഒന്നു തന്നെ ഇപ്പൊ ശൂദ്രശബ്ദത്തിന് ഏത് തരത്തിലർത്ഥം പറഞ്ഞാലും ശരി ശൂദ്രന് വിദ്യക്ക് അധികാരം വരാൻ പാടില്ല ഇക്കാര്യത്തിൽ ഭാഷകാരന് വാശിയാണ് ഈ വരുന്ന പല ഭാഗങ്ങളിലും ഞാൻ മുമ്പ് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഇത് പറയുന്നത് ഴിഞ്ഞാൽ ഇത് തെളിവ് സഹതം പറയണമല്ലോ ഉദാഹരണം വ്യക്തമായി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് കാണിച്ചു പറയണം അത് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ല അത് മാത്രമല്ല ശങ്കരാചാര്യർ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരുമുണ്ട് കുറെയധികം പേര് അതൊരു കാര്യം പിന്നെ ശങ്കരാചാര്യർ ഇങ്ങനെ പറഞ്ഞ് ശരിയാണെന്ന് കരുതുന്നവരുമുണ്ട് വലിയൊരു വിഭാഗം ശങ്കരപരമ്പരയിലെ സന്യാസിമാരെല്ലാം ഈ പറഞ്ഞതാണ് ശരി അതുകൊണ്ട് സൂത്രന് വിദ്യ അധികാരമില്ലെന്ന് ഇന്നും വിശ്വസിക്കുന്നവരാണ് ഇങ്ങനെ എഴുതിയിരിക്കുമ്പോൾ എന്തുകൊണ്ട് ശങ്കരാചാര്യർ പ്രാമാണികനാണ് ശങ്കരാചാര്യർ പറഞ്ഞത് എല്ലാം ശരിയാണ് അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ശങ്കരപരമ്പരയില് ശങ്കരാചാര്യന്മാരുൾപ്പെടെയുള്ള അനേകം സ്വാമിമാരിന്നുമുണ്ട് പിന്നെ ഇത് വിശദീകരിക്കാതിരുന്നാൽ ശരിയാകത്തില്ലല്ലോ ഈ പറഞ്ഞിരിക്കുന്ന അസംബന്ധമാണെന്നോ പറയാതിരുന്നാൽ അത് ശരിയാകത്തില്ല ഇവിടെ മറിച്ച് ഇപ്പം ശങ്കരാചാര്യ നമ്മളെ സാധാരണ വിദ്യ വെച്ച് ചിന്തിക്കാം ശൂദ്രൻ എന്ന് പറയുന്നത് ഇവിടെ ജാതിശൂദനം തന്നെയാണ് കാരണം എടോ ശൂദ്ര ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോ വാസ്തവത്തിയാൽ ക്ഷത്രിയനായിരുന്നെങ്കിൽ ഉടനെ ജ്ഞാനശ്വതി മറുപടി പറഞ്ഞു അയ്യോ ഞാൻ ശൂദ്രനല്ലേ ക്ഷത്രിയനാണേ ഇനി ശൂദ്രൻ എന്നുള്ള പേരിലാണല്ലോ വിദ്യ നിഷേധിക്കുന്നത് ശൂദ്രന് വിദ്യ അധികാരമില്ലെന്നല്ലേ അപ്പം ശൂദ്രനാണെങ്കിൽ നിഷേധിക്കും ഇതൊന്നും എനിക്ക് വേണ്ട നീ ഇതുമായിട്ട് തിരിച്ചു പോവെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജ്ഞാനശ്വതി പറയണു എന്നെ അങ്ങനെ കൈവിടരുത് ഞാൻ ക്ഷത്രിയനാണ് ശത്രിനായിരുന്നെങ്കിൽ അത് പറഞ്ഞത് ശത്രിനല്ലാത്തത് കൊണ്ടാണ് ഒന്നുമില്ലാതെ തിരിച്ചുപോയി ഇന്നും അങ്ങനെയാണ് ശൂദ്രന് വിദ്യ പാടില്ല എന്നും ഈ സമ്പ്രദായത്തിൽപ്പെട്ട ആചാര്യന്മാർ പറയുന്നതാണ് ശൂദ്രന് വിദ്യ പാടില്ല സ്ത്രീകൾക്ക് വിദ്യ പാടില്ല എന്ന് പറയും പക്ഷെ ധാരാളം സ്ത്രീകൾക്കും എല്ലാം ഇവർ വിദ്യ പറഞ്ഞുകൊടുക്കുകയും ചെയ്യും ഇന്നും അങ്ങനെ തന്നെ നടക്കുന്നു കാശുണ്ടോ ഇത് താത്കാലികമായി മാറ്റിവയ്ക്കും കാശില്ലാത്തവനാരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പറയും പറഞ്ഞു കൊടുക്കാൻ പാടില്ല ഇത് രണ്ടും ഞാൻ നേരിട്ട് പറയുകയാണ് കേട്ട് പറയുന്നതന്നെ അപ്പം പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു ശുദ്ധമായതുകൊണ്ട് എന്ന് പറഞ്ഞു കൂടുതൽ കാശ് പറഞ്ഞുകൊടുത്തു ഇത്രയേ ഉള്ളൂ ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇന്നും അത് തന്നെ സംഭവിക്കുന്നത് എന്നാലും ഇത് പറയും അതാണ് ശൂത്ര വിദ്യയ്ക്ക് അധികാരമില്ലായെന്ന് അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വായിക്കുന്ന ആർക്കും ഇത് മനസ്സിലാവും ജാനേശ്വരതി സൂത്രനാണ് അപ്പൊ അത് ധരിക്കരുത് അങ്ങനെ ധരിച്ചു പോകരുതെന്ന് കരുതി മനഃപൂർവ്വം ഇങ്ങനൊരു വ്യാഖ്യാന കസർത്ത് നടത്തിയാണ് ദുർവ്യാഖ്യാനം നടത്തിയാണ് ഇത് സമർത്ഥിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് ഇതിന് ഇനി അവശൂദ്രാധികരണത്തിൽ അഞ്ച് സൂത്രങ്ങളിലും പറയുന്നത് അവിടെ പറയുന്നുണ്ട് ശ്രവണാധ്യയനങ്ങളെല്ലാം പ്രതിഷേധിക്കുന്ന അവസാന സൂത്രത്തിൽ ശ്രവണം അധ്യയനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രതിഷേധിക്കുന്നു സുഗസ് ദനാദര ശ്രവണ എന്നിങ്ങനെ ആരംഭിക്കുന്നു പക്ഷെ അവിടെ ഈ അഞ്ച് സൂത്രത്തിനും ശൂദ്രശബ്ദം പ്രയോഗിച്ചിട്ടില്ല അങ്ങനെ ഒരു ശബ്ദം അവിടെ വരുന്നുണ്ട് അത് ഭാഷ്യകാലം കൂട്ടിച്ചേർത്താണ് വിദ്യയെ നിഷേധിക്കുന്നുള്ളൂ പക്ഷെ അത് ആർക്കാണെന്നുള്ള സൂത്രത്തിൽ പറയുന്നില്ല പക്ഷെ ഭാഷ്യകാരൻ അവിടെ അതിനെ സൂദനായിട്ടാണ് വ്യാഖ്യാനിച്ചത് ഭാഷ സൂത്രകാരൻ എന്താണ് സൂത്രകാരന്റെ താല്പര്യം വന്നു വ്യക്തമല്ല സൂത്രത്തിന് ക്ഷത്രീയ ശബ്ദം വരുന്നുണ്ട് അപ്പൊ അതിന് യോഗ്യത ഇല്ലാത്തവനോ വിദ്യ അധികാരമില്ല എന്ന് വേണമെങ്കിലും അത് വ്യാഖ്യാനിക്കുക ആ സൂത്രത്തിൽ സൂത്രത്തിന്റെ സ്വഭാവം അങ്ങനെയാണ് എങ്ങനെയും വ്യാഖ്യാനിക്കുക ഒരേ സൂത്ര തന്നെയാണ് ദ്വൈതവും അദ്വൈതവുമായിട്ട് വ്യാഖ്യാനിച്ചത് ജഗത്ത് സത്യമാണെന്നും വ്യാഖ്യാനിച്ച അതേ സൂത്രത്തിൽ തന്നെയാണ് ജഗത്ത് മിഥ്യയാണെന്നും സമർപ്പിച്ചത് അതുകൊണ്ട് സൂത്രങ്ങൾ ഏതരത്തിലും വ്യാഖ്യാനിക്കും സൂത്രക്കാരൻ ഇതിൽ എത്രമാത്രം പങ്കുണ്ടെന്നോ ഉറപ്പിച്ചു പറയാൻ വയ്യ പക്ഷെ വിദ്യാ നിഷേധം വരുന്നുണ്ട് സൂത്രൻ എന്ന് പ്രത്യേകിച്ച് പറയുന്നുമില്ല അതുകൊണ്ടുള്ള വിദ്യയ്ക്ക് അധികാരമുണ്ട് യോഗ്യതയില്ലാത്തവന് വിദ്യ നിഷേധിക്കാം അങ്ങനെയും വേണമെങ്കിൽ അത് വ്യാഖ്യാനിക്കും പക്ഷെ ഭാഷ്യം അങ്ങനെയല്ല ഭാഷ്യകാരൻ സൂത്രത്തിലില്ലാതിരുന്ന ശൂദ്രശബ്ദത്തെ കൊണ്ടുവന്ന് ശൂദ്രജാതിയിൽ പിറന്നവന് വിദ്യയ്ക്ക് അധികാരമില്ല എന്നും ഒരുപാട് അഭ്യാസങ്ങൾ നടത്തി അവിടെ സംബന്ധിച്ചത് ഗൗതമസ്മൃതിയും മനുസ്മൃതിയും ശൂദ്രായ നമതി മനുസ്മൃതി അവള് ശൂദ്രന് ബുദ്ധി കൊടുക്കരുത് ശൂദ്രന് ബുദ്ധി കൊടുത്താൽ എന്താണോ ബുദ്ധി ഇല്ലാത്തവന് ബുദ്ധി കൊടുത്തുകഴിഞ്ഞാൽ അവന് അറിവുണ്ടാവും പിന്നെ അവനോട് ഇതു കൊല്ലം പറയാൻ പറ്റൂ ശൂദ്രന് അധികാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്വയം സ്വീകരിച്ചിരിക്കുന്ന ശൂദ്രൻ ശൂദ്രനാണ് അവനതിന്റെ എതിർപ്പൊന്നുമില്ല കാരണം ഇനി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അവൻറെ മനസ്സിൽ അപകർഷതാബോധം ശുദ്ധനെന്ന് പറഞ്ഞാൽ യോഗ്യനല്ലാത്തവനാണ് എന്നുള്ളൊരു അപകർഷതാബോധം ഉള്ളി വന്നിട്ട് അവൻ അതും നടക്കുകയാണ് അപകർഷതാബോധം മാറും അവന് ബുദ്ധി കൊടുത്തു അതുകൊണ്ട് മനസ്സിനെ പറഞ്ഞിരിക്കുകയാണ് ശൂദ്രായ മതിന്റെ ശൂദ്രന് ബുദ്ധി കൊടുക്കരുത് അപകടകാരിയാണ് അവന് പിന്നെ ചൂഷണം ചെയ്യാൻ പറ്റത്തില്ല അവൻ ചോദ്യം ചെയ്യും ഈ അനാചാരങ്ങളൊക്കെ അവൻ ചോദ്യം ചെയ്തുകൊണ്ട് അവന് ബുദ്ധി അതുകൊണ്ടാണ് അവന് പറഞ്ഞത് പക്ഷികാരം പറയുന്നു ഒരു സ്മൃതിയും ഉദ്ധരിക്കാതെ അവിടെ പറയുന്നുണ്ട് എന്താണോ ശൂദ്രൻ വേദം ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ നാക്കിനെ ഛേദിക്കണം നാക്കിനെ ഛേദിക്കാനും പോലെ അവന്റെ ശരീരത്തിന് രണ്ടോ മൂന്നോ നാലോ കഷണമാക്കിയാലും നല്ലതാണ് ശരീരഛേദനം അതും ഭാഷ്യം തന്നെ അവിടെ പറയുന്നത് ശൂദ്രാധികത്തിൽ അവസാന സൂത്രത്തിന്റെ ഭാഷ ഇതും പറയുന്നുണ്ട് അത്രയും ഒരു കാരണവശാല് അതിനാ ശൂദ്രാ പാതകം ഗിഞ്ചിന് സംസ്കാരം അർഹത തുടങ്ങിയ മനുസ്മൃതി വചനങ്ങളെയും അതിനും യാഥാസ്കമായ ഗൗതവും സ്മൃതിയും അല്ല അവിടെ കൊണ്ടുവന്നിട്ടാണ് ഇത് സമർത്ഥിക്കുന്നത് അപ്പം ഇത് മനഃപൂർവമല്ല അറിയാതെ പറ്റിപ്പോയതാണ് എന്നൊരു തരത്തിലും കരുതാൻ നിവർത്തിയില്ല ഈ വരുന്ന ഭാഷ്യങ്ങൾ മുഴുവൻ അങ്ങനെ ചിലത് പറയുന്നു കാരണം അദ്വൈതാചാര്യനായ ശങ്കരാചാര്യരോടുള്ള ഭക്തിയും ബഹുമാനുമെല്ലാം കൊണ്ട് ഇങ്ങനൊരു കാര്യത്തിൽ ശങ്കരാചാര്യർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്തിയും ബഹുമാനും എല്ലാം പോകുന്നുണ്ടോ എന്ന് കരുതിയിട്ട് അതും പറയുന്ന ശൂദ്രന്മാരാണ് ഈ ശൂദ്രന്മാര് അവര് പറയുന്നുണ്ടോ ഇത് ശങ്കരാചാര്യൊന്നും എഴുതിയല്ല വേറെ ആരും എഴുതിയതാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇത് ഇതിന്റെ ഇടയ്ക്ക് ഈ ശൂദ്രന്മാർക്കൊന്നും ഇത് എഴുതി ചേർക്കാൻ പറ്റത്തില്ല ഒരു കാരണവശാലും ശങ്കരാചാര്യന്മാർ കുറഞ്ഞ ഒരാളിനെന്തായാലും ഇതിന്റെ അകത്ത് കൈ വയ്ക്കാൻ നോക്കത്തില്ല അത് ഉറപ്പാണ് കാരണം ഇത് ശൂദ്രന്റെ കൈ വന്നിട്ടധികം കാലൊന്നും ആയിട്ടില്ല വളരെ കാലം ഇത് ശങ്കരാചാര്യന്മാരുടെ കയ്യിൽ തന്നെ എഴുതി ചേർത്തു എന്ന് ആ ശങ്കരാചാര്യാണ് എഴുതി ചേർത്തത് അല്ല മറ്റാരുമല്ല ഇത് എഴുതി ചേർത്തത് ആ എഴുതി ചേർത്ത ശങ്കരാചാര്യരുടെ പരമ്പരയാണ് ഇന്ന് നിലനിൽക്കിരിക്കുന്നത് ശങ്കരാ പരമ്പര എന്ന് പറയുന്നത് ഇത് എഴുതി ചേർത്ത ശങ്കരാചാര്യരുടെ പരമ്പര ആ ശങ്കരാചാര്യരാണ് മലപ്പൂർ എഴുതിച്ചതെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് എഴുതിയ ശങ്കരാചാര്യരോട് ഒരു ബഹുമാനം തോന്നേണ്ട കാര്യമില്ല കൃത്രിമ ബുദ്ധിയാണ് പിന്നെ ആരാണോ അദ്ദേഹം ഉപദേശിച്ചത് ആ ശങ്കരാ ബഹുമാനിച്ചേ പറ്റും അത് ആർക്കായാലും ബഹുമാനിക്കാതിരിക്കാൻ കഴിയത്തില്ല രണ്ടും രണ്ട് കാര്യമാണ് ഇതെഴുതിയാളിന് എന്തായാലും കാരണം കൃത്രിമ ബുദ്ധിയാണ് മനഃപൂർവമാണ് ഈ ചെയ്തിരിക്കുന്നത് ഇനി ഇതിനും വളരെ തമാശയുള്ള ഒരു ഭാഗം അടുത്ത് കാണിച്ചു തരും ഒരു തരത്തിലും ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിൽ ഈ അശുദ്ധ്രാധികത്തെ സമർപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച വേറൊരു ബുദ്ധി അതൊരിക്കലും അംഗീകരിക്കാൻ സാധ്യമായ കാര്യമില്ല പക്ഷേ ആ പരമ്പരയിൽ ഇന്നും ഇത് സ്വീകരിച്ചിരിക്കുന്നു ശങ്കര പരമ്പരയില് യാഥാസ്ഥിമായ ആചാര്യന്മാര് ഇന്നും ഇതിനെ ശങ്കരാചാര്യ എഴുതിയതായിട്ട് ഇതിനെ സ്വീകരിച്ചിരിക്കുന്നു ഇത് അക്ഷരം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾക്കത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഇപ്പൊ വളരെ ഇതായിട്ട് ശൂദനെന്ന് പറഞ്ഞാൽ ദുഃഖമുള്ളവനെന്നാണ് ശങ്കരാചാര്യര് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ശങ്കരാചാര്യന് ശൂദ്രൻ എന്ന് പറയുന്ന ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ജാതിക്കനുസരിച്ചല്ല എന്നെല്ലാം പറയുന്നവരുണ്ട് പമ്പരവിഡികൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ നേരിട്ട് മനസ്സിലാക്കുക എന്താണോ ശങ്കരാചാര്യന് ദുഃഖമുള്ളവനാണെന്ന് ശൂദ്രൻ എന്ന് പറഞ്ഞത് ശൂദ്രനെ സഹായിക്കാൻ വേണ്ടിയല്ല ശൂദ്രന് വേദ അധികാരം ഇല്ലെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ശൂദ്രശബ്ദത്തിന് അങ്ങനെ ഒരർത്ഥം പറഞ്ഞത് എന്നിട്ട് അതേ ശങ്കരാചാര്യരെ തന്നെ രൂഢ അർത്ഥം എടുത്തു ശുദ്ധൻ എന്ന് പറഞ്ഞാൽ ജാതി പിറന്നവനെന്ന് പറഞ്ഞിട്ട് രണ്ടർത്ഥവും സ്വീകരിച്ചിട്ടും ചെയ്തിരിക്കുന്ന എന്താണ് ശൂദ്രന് വേദാധികാരമില്ലെന്ന് സമർപ്പിക്കാൻ അപ്പൊ ഇത്രയും അഭ്യാസം ചെയ്ത് ഇത് സമർപ്പിക്കുന്നതെന്ന് തന്നെ മനസ്സിലാക്കാൻ ശൂദന് വേദാധികാരം ഉണ്ടായിരുന്നുവെന്ന് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇത്രയും പിന്നെ ഒരു പൂർവ്വപക്ഷത്തിന്റെ ആവശ്യമില്ല ഇങ്ങനെ ഒരു അധികാരണത്തിന്റെ ആവശ്യമില്ല ശൂദ്രന്മാർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു പക്ഷെ അത് ഇല്ലാതെ ആക്കി തീർക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു ഭാഷ്യം ഇത്രയും അഭ്യാസങ്ങൾ എല്ലാം ചെയ്തത് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് അതങ്ങനെ അല്ല എന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുന്നത് എന്താണോ ഈ അപകർഷതാ ബോധമുള്ളതുകൊണ്ടാണ് അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വിശുദ്ദ്രന്മാരുടെ മനസ്സിലപകർഷതാ ബോധമോ താൻ ഇതിനൊന്നും പറ്റിയവനല്ല എന്ന് എന്നാൽ ആഗ്രഹമുണ്ട് സർവ്വജീവസാധാരണമാണ് ആത്മജ്ഞാനത്തിനുള്ള ആഗ്രഹം ആഗ്രഹങ്ങൾ കൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കും അപ്പോഴെല്ലാം മനസ്സിൽ ഈ കൊത്തുപരി ശങ്കരാചാര്യ പറഞ്ഞിരിക്കുകയാണ് നിനക്കതിനധികാരമില്ല അപ്പൊ സമാധാനിക്കോ ശങ്കരാചാര്യങ്ങനെ പറഞ്ഞിട്ടില്ല വെറുതെ തോന്നുന്നതാണ് സ്വപ്നം കണ്ടതാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞു ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് ഈ ശൂദ്രൻ എന്നുള്ള അപകർഷതാ ബോധം ഉള്ളിയിരിക്കുന്നുണ്ട് ശ്രുതിയെ സംബന്ധിച്ച് ഇല്ല ശ്രുതിയിൽ ചില സ്ഥലങ്ങളിൽ അതും വരുന്നുണ്ട് ഇല്ലാതെ ഇല്ല ചില ഭാഗങ്ങളിൽ ഇത്തരം കാര്യങ്ങളെ സമർത്ഥിക്കുന്ന ഭാഗങ്ങൾ വരുന്നുണ്ട് അതെല്ലാം പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണ് ദയാനന്ദ സരസ്വതി പോലെയുള്ള ആൾക്കാരൊക്കെ ശ്രുതിയെ അങ്ങനെയുള്ള ഭാഗങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എഴുതി ചേർക്കാൻ അള്ള ഉപനിഷത്ത് വരെ ഉണ്ട് ശ്രുതിയുടെ ഭാഗമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഉപനിഷത്തുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ് അള്ള ഉപനിഷത്ത് അള്ളാ ഇലാ ഹി ഇല്ലാന്നാണ് അത് പറഞ്ഞു അതും വേദത്തിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൃഷി പറഞ്ഞാണെന്ന് സ്വീകരിക്കൂ ഇല്ലല്ലോ അപ്പൊ അത് അതിനെ അതൊന്നും വേദത്തിൽ ചരിത്രപരമായി മറ്റും പരിശോധിക്കുമ്പോഴും അതൊക്കെ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്താണെന്ന് കാണാം മൂലവേദങ്ങളിൽ അതൊന്നുമില്ല അതുപോലെ പക്ഷെ അതുപോലെ ഇതും കൂട്ടിച്ചേർത്തായിക്കൂടെ ഈ ഭാഷകളിൽ കാരണം ഇതില്ലാത്ത ഭാഷയില്ല അതാണ് അതുമാത്രമല്ല മറ്റത് കൃഷി പരമ്പരയിൽ തന്നെ അതിനെ നിഷേധിക്കുന്നു ആ പരമ്പര്യത്തിൽ വൈദിക പരമ്പര തന്നെ നിഷേധിക്കുന്ന ഇത് കൂട്ടിച്ചേർത്താണോ പക്ഷെ ഇത് ഈ പരമ്പരയിൽ നിഷേധിക്കുന്നില്ല ഇത് ശങ്കരാചാര്യ എഴുതി എന്ന് പറയുന്ന ശൂദ്രന്മാരാണ് ശങ്കര പരമ്പരയിലല്ല ആരും പറയുന്നില്ല ഇത് ശങ്കരാചാര്യ എഴുതിയല്ല അതുകൊണ്ട് ഈ പരമ്പര ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടും പാലിക്കുന്നതുകൊണ്ടും ആ പരമ്പര ഗ്രന്ഥ രൂപത്തിലാണെങ്കിലും ശങ്കര പരമ്പരയ്ക്ക് മുടക്കം വന്നിട്ടില്ല ആ ഗ്രന്ഥങ്ങളൊക്കെ അതേപടി ഇന്നും തുടർന്നു വരികയാണ് അത് ഇടയ്ക്ക് മറഞ്ഞുപോയൊരു കാലമില്ല അത്രയും കാലപ്പുഴക്കോ അതിന ആ പരമ്പരയിൽ അത് ഇന്ന് സ്വീകരിച്ചിരിക്കുന്നു അത് പക്ഷെ പലരുടെയും ഉള്ളിൽ ഇപ്പോ ഉണ്ട് ഇന്നത്തെ കാലത്തുണ്ട് ഇത് അനാവശ്യമാണ് ഒരു ശങ്കരാചാര്യന്റെ ശിഷ്യൻ ശങ്കരാചാര്യനോട് ഞാൻ ചോദിച്ചിരുന്നു വിളിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു നമുക്ക് നിഷേധിക്കാൻ വയ്യ പക്ഷേ ആചാര്യൻ ഇത് എഴുതാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എഴുതാതിരുന്നെങ്കിൽ എഴുതാതിരുന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എങ്കിലെത്ര ശ്രേഷ്ഠമായിരുന്നെ എന്ന് ഉള്ളു തുറന്ന് ഒരു ആളിനോട് സംസാരിച്ചിട്ടുണ്ട് ശങ്കരാചാര്യ ശിഷ്യ ശങ്കരാചാര്യ എവിടെയെങ്കിലും അത് കിട്ടുമോ അങ്ങനെ എഴുതാതിരുന്നോന്നോ അത് വഴിയില്ല ഞങ്ങളുടെ കയ്യിലുള്ള ഇതുണ്ട് ഈ താരത്തിന് നിരക്കാത്തൊരു കാര്യമാണ് പക്ഷെ അന്ന് അതങ്ങനെ ചെയ്തു വെച്ചു അന്ന് നിലവിലുണ്ടായിരുന്ന അധികാരത്തെ നിഷേധിച്ചു ഇതാണ് അതാ ചെയ്തത് അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും അഭ്യാസം ചെയ്യുന്നത് ഇത് അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചട്ടമ്പിസ്വാമിയുടെ വേദാധികാരം നിരൂപണം വായിച്ചേക്കും എല്ലാവരും അത് വായിച്ചിരിക്കും അവിടെ ജാനശ്വരുതി വ്യാഖ്യാനത്തെ തന്നെ എടുത്തുകൊണ്ട് ശങ്കരാചാര്യരെ വളരെ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് ഇത് കൃത്രിമമായ വ്യാഖ്യാനമാണ് ഇത് മനഃപൂർവം ചെയ്തതാണ് സൂത്രകാരനും ഭാഷകാരനും ഒരുപോലെ കുറ്റക്കാരനാണോ എന്നിട്ട് ഇവിടെ എന്തെല്ലാം യുക്തികൾ പറഞ്ഞിട്ടുണ്ടോ ക്ഷത്രിയനാണെന്ന് സമർത്ഥിക്കുന്നതിനാണല്ലോ അതിനെല്ലാം എതിരായ യുക്തികൾ കൊണ്ട് അതിനേക്കാൾ നിഷേധിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്തവർ ഒരു കശാപ്പുകാരോട് മാത്രമേ ഉപമിക്കാൻ പറ്റൂ എന്തായാലും ഇവര് ശൂദ്രൻ ഉണ്ണാൻ പാടില്ല എന്ന് വിരിച്ചില്ലല്ലോ അത് മഹാഭാഗ്യം എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത് അതുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി ശൂദ്രന്മാരെല്ലാം ഉണ്ണാതെ മരിച്ചല്ല എന്നാണ് പറയുന്നത് പറയുന്നത് ആ തലത്തിലൂടെയാണ് അതിൽ ഞാൻ ആദ്യം പറഞ്ഞ ആളൊന്നുമില്ല അങ്ങനെയാണ് തിരിക്കരുത് സ്വാമി വന്നിരുന്നു ശങ്കരാചാര്യന്റെ ഭാഷ്യം പഠിപ്പിക്കുകയും ശങ്കരാചാര്യ കുറ്റം പറയും ചെയ്യുന്നു എന്ന് കരുതരുത് വിവരമുള്ള ആചാര്യന്മാർ പറഞ്ഞതിന് ഞാൻ ഏറ്റുപറയുന്നു എന്നേ ഞാനത് പുതുതായി അവതരിപ്പിച്ചിരുന്നു ശനാരായണ ഗുരു ചട്ടമ്പിസ്വാമിയും അല്ല ഗുരു പറഞ്ഞിട്ടുണ്ട് ജാതിയെ സമർത്ഥിക്കുന്നതിന് ശങ്കരൻ ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് അത് ഈ സന്ദർഭങ്ങളിലാണ് ബുദ്ധി കൊണ്ട് പറക്കുന്നത് അത് ശൂദ്രന്മാർക്ക് മനസ്സിലാവത്തില്ല ബുദ്ധിയുള്ളവർക്കേ മനസ്സിലാവും ബുദ്ധി കൊണ്ട് പറക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ബുദ്ധി കൊണ്ട് ജാതിയെ സമർത്ഥിക്കുന്നതിന് ശങ്കരൻ പുഴുക്കുത്തിനെപ്പോലും വ്യാഖ്യാനിക്കും എന്നാണ് എന്നുവെച്ചാൽ അപപാഠങ്ങളുണ്ടെങ്കിൽ അതിനും വ്യാഖ്യാനിക്കും പറഞ്ഞിട്ടുണ്ട് ചാർവാക ഗുരുവാണ് ബൃഹസ്പതി ബൃഹസ്പതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ത്രയോ വേദസ്യ കർത്താരൂർത്താണ്ഡനിശാചരാഹ ഈ മൂന്ന് വേദങ്ങളെയും ഉണ്ടാക്കിയത് മൂന്ന് വേദമാണ് പ്രധാനമായിട്ട് അതുണ്ടാക്കിയവരെന്താണോ ധൂർത്തന്മാരാണ് രാക്ഷസന്മാരാണോ വഞ്ചകന്മാരാണോ എന്ന് പറഞ്ഞു ഇതിനെക്കുറിച്ച് ചട്ടമ്പിസ്വാമി വേദാധികാര നിർവഹണത്തിൽ പറയുന്നത് ഇങ്ങനെ പറഞ്ഞതിൽ ദോഷമൊന്നുമില്ല കാരണം ഇങ്ങനെയുള്ള ഭാഗങ്ങളുദ്ദേശിച്ച അത് പറഞ്ഞിരിക്കുന്നത് ഈ വേദത്തിൽ ഇങ്ങനെ ഭാഗങ്ങൾ വന്നല്ലോ അവരുദ്ദേശിച്ച് അങ്ങനെ പറയുന്നതിൽ യാതൊരു ദോഷമില്ല അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബൃഹസ്പതി കുറ്റം പറയണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ഒരു ഗുണമെന്ന് വെച്ചാൽ അവർക്കെല്ലാം ആർജവമുള്ളവരായിരുന്നു ആർജവെന്ന് പറയുന്നത് ബുദ്ധിയുടെ ഒരു വലിയ ഗുണമാണ് ശരിയെന്ന് തോന്നുന്നതിനെ നേരെ പ്രകാശിപ്പിക്കുക അത് ആ ഒരു ഗുണമുള്ളതുകൊണ്ടാണ് അവർക്കിതിനെയൊക്കെ വിമർശിക്കുന്നതിനുള്ള ധൈര്യം ഉണ്ടായാലും ഇതിൽ തെറ്റിന്നതാണെന്ന് വ്യക്തമായിട്ട് പറയുന്നതിനുള്ള ധൈര്യം ഉണ്ടായാലും തൽക്കാലത്ത് നിന്ന് പല ആചാര്യ അങ്ങനെയുണ്ട് ഈ ശങ്കരാചാര്യന്മാരെല്ലാം ഇന്നും ഇതിൽ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിലും ശങ്കര പരമ്പരയിൽ വന്ന പല ആധുനികന്മാരാചാര്യന്മാരും ഇതിന് ചോദ്യം ചെയ്തിട്ടുണ്ട് ശരിയല്ല ഇതാ സംബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടിത് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റിയൊരു കാര്യമില്ല ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വലിയ അദ്വൈതമൊന്നുമില്ലെങ്കിലും ഞാനിത് വിശദീകരിക്കാൻ തയ്യാറായത് ഇവിടെ ക്ഷത്രിയനായ ജനശ്രുതി കൊണ്ടുവന്ന് ധനം പോരാത്തത് കൊണ്ട് രീതിക്കൻ വീണ്ടും ധനം മനസ്സിലുണ്ട് വീണ്ടും ധനം വേണമെന്നും അതുകൊണ്ട് വിദ്യ ഉപദേശിച്ചില്ല തിരിച്ചുപോയി വീണ്ടും കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് അർത്ഥമന്ത് തം അഭിവാദ അരക്വ ഇഹസ്രം ഗം അയം നിഷോ അയം അശ്യുതരീരഥ ഇയം ജാ അയം ഗ്രാമോ എസ് ആസ് അന്വേ മാ ഭഗവാധീതി ഇതാം ഇതം ഗവാം സഹസ്രം ഉടനെ തന്നെ ജ്ഞാനശരി തിരിച്ചുപോയി ഈ കൊണ്ടുവന്നുകൊണ്ടൊന്നും കാര്യം നിലക്കത്തില്ല അതുകൊണ്ട് പോയി ഗവാം സഹസ്രം ആയിരം പശുക്കളെ കൊണ്ടുവന്നു അയം നിഷ്കു കുറച്ചുകൂടി നല്ല മാലയുമായിട്ട് വന്നു തൂക്കമുള്ള മാല അശ്വതരീരം നല്ല രഥങ്ങളുമായിട്ട് വന്നു കൂടാതെ ഒരു പുതിയ സമ്മാനം കൊണ്ടുവന്നെന്താണ് ജായ അർത്ഥം മമ ദുഹിത അതാ എന്റെ മകളെ കൂടെ കൊണ്ടുവന്നു അത് ചോദിക്കും എന്താ സ്വന്തം മകളെ കൊണ്ടു കൊടുത്തത് അതൊക്കെ അന്നത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും അതുകൊണ്ടാണ് ഇന്നത്തെ രീതി ചിന്തിച്ചാലും മഹാസംബന്ധമാണ് കാരണം അയാൾക്ക് ചൊറിയാണെന്നാ പറഞ്ഞത് ഏതെങ്കിലും ഒരാൾ സ്വന്തം മകളെ കൊണ്ടുവന്ന് ചെറി പിടിച്ച് ഒരാളിനെ കൊടുക്കും കൊടുക്കത്തില്ല പക്ഷെ അന്നതല്ല കൃഷി കൃഷിയെ ആദരിച്ചിരുത് അപ്പൊ കൃഷിയെ എങ്ങനെ സന്തോഷിപ്പിക്കാം അതുകൊണ്ട് പറയുന്നു ഭാര്യയാക്കുന്നതിന് വേണ്ടി സ്വന്തം മകളെ കൊണ്ട് കൊടുക്കും ഇന്നത്തെ നീതിബോധം അനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ജ്ഞാനശ്രുതി അറസ്റ്റ് ചെയ്ത് ചെയ്യലിൽ അതല്ല അന്നത്തെ നീതി അതായിരുന്നില്ല അനീദ്രാമോ യസ്മിൻ നാസ്ത യാൽ പറയുന്നു ഈ നീ ഇരിക്കുന്ന ഗ്രാമം അത് നിനക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുകയാണ് പ്രഭുവായിരുന്നല്ലോ ജ്ഞാനശ്രുതി അപ്പൊ അതുവിന് രാജാവാകണ്ടേ ശൂദ്ര രാജാവിനുമാകാം പണ്ട് നിഷാദ് രാജാവ് ശൂദ്ര രാജാവ് എല്ലാ വർഗ്ഗത്തിലും രാജാക്കന്മാരുണ്ടായിരുന്നു അവർക്ക് സ്വത്വം ക്ഷത്രിയൻ മാത്രമേ രാജാവ് എന്നുള്ള ഇല്ലായിരുന്നു പണ്ട് അതിനെ കുറിച്ചൊക്കെ പല ഭാഗങ്ങളും അതുകൊണ്ട് ഈ സ്ഥലവും നിനക്ക് തതേത് സർവ്വം ആദായ അനുസാധീവ മാം ഹേ ഭഗവാ അല്ലയോ ഭഗവാനെ ഇതെല്ലാം സ്വീകരിച്ചിട്ട് വളരെ ദിവ്യനാണ് ശ്രേഷ്ഠനാണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് എൻ്റെ മകൾ ഉൾപ്പെടെയുള്ള എൻ്റെ സമ്പത്തെല്ലാം ഞാൻ തരികയാണ് നോക്കുക അന്നത്തെ ആൾക്കാർക്ക് ആ വിദ്യയോടുള്ള നിഷ്ഠ താല്പര്യം സർവവും കൊടുത്തിട്ടും വിദ്യ സ്വീകരിക്കാൻ തയ്യാറാകുന്നു തസയാഥം ആനീതോ ദു മു വിദ്യ തീർഥംവാൻ എന്ത് ചെയ്തു ജാനശ്രയുടെ മുകളെ മുഖത്തേക്കൊന്ന് നോക്കി എന്നിട്ട് കൊള്ളാൻ തര കേടില്ല ഞാൻ ഇതാ തന്നിരിക്കുന്നു എന്നാ പറയുന്നത് മുഖം ദുഹിതു നിന്റെ മകളുടെ മുഖത്ത് നോക്കിയിട്ട് നല്ല ഐശ്വര്യമുണ്ട് അതുകൊണ്ട് വിദ്യ നന്നാക്കാം വിദ്യായ ദാനെ തീർത്ഥം ഉപോധൻ ജാനൻ വിദ്യയ്ക്ക് ആരൊക്കെയാണ് അധികാരികളെന്ന് പറയുന്നു ഭാഷകാരൻ തന്നെ പറയുന്നു അവിടെയും പറയുന്നില്ല ശുഭദ്രൻ അധികാരിയല്ലെന്ന് ഇവിടെ നിന്ന് സ്മൃതി ഉദ്ധരിച്ചിരിക്കാണ് ബ്രഹ്മചാരി വിദ്യയ്ക്ക് അധികാരിയാണ് ധനതായി ധനം നൽക നൽകുന്നവൻ അധികാരിയാണ് മേധാവി ധനമൊന്നുമില്ല ബുദ്ധിയുണ്ടെങ്കിൽ അവനും വിദ്യ ഗ്രഹിക്കാം ശ്രോത്രിയൻ വേദത്തെ അധ്യയനം ചെയ്തവൻ ശ്രോത്രിയ പ്രിയ പുറിയനെന്ന് പ്രത്യേകിച്ച് കൊടുക്കാം പിന്നെന്താണോ പുറിയനായിട്ടുള്ളവൻ ഗുരുവന് അവനോട് പ്രീതിയുണ്ട് വേറെ അവൻ്റെ ഗുണങ്ങളൊന്നും നോക്കുന്നില്ല പ്രിയപ്പെട്ടവനാണ് വേണ്ടപ്പെട്ടവനാണ് അവൻ വിദ്യ ഉപദേശിക്കുന്നു വിദ്യയാവാ വിദ്യ ഇനി ഒരാൾ തനിക്കൊരു വിദ്യ തരുന്നു അതുകൊണ്ട് പകലും വേറൊരു വിദ്യ കൊടുക്കുന്നു വിദ്യയ്ക്ക് വിദ്യ താന് തീർത്ഥാനി ഇതാണ് സ്ഥാനം വിദ്യ ഗ്രഹിക്കുന്നതിനുള്ള സ്ഥാനങ്ങൾ എന്നിങ്ങനെ ഏതോ പറയുന്നുണ്ട് വിസ്മൃതിയിലും പറയുന്നില്ല സൂദ്രന്റെ വിദ്യയ്ക്ക് അധികാരമില്ലെന്ന് പക്ഷെ അതുപോലെ ഭാഷക്കാരൻ സമർത്ഥിച്ചു ഇത് വിദ്യയായ വചനം വിജ്ഞായി അപ്പൊ ധനം നൽകുന്നവനും വിദ്യ കൊടുക്കാം എന്നുണ്ട് സൂദ്രനായാലും വേണ്ടില്ല പണത്തിന് വിദ്യ കൊടുക്കാം എന്നാണ് ഇവിടെ വിദ്യ എന്ന് പറയുന്നത് ഉപാസനയാണ് ഉപാസന എന്താണ് അടുത്ത് പറയുന്നത് സവർഗവിദ്യ എന്ന് പറയുന്ന ഒരു ഉപാസന പ്രാണവിൽ സർവവും ലയിക്കുന്നു വായുവിൽ സർവവും ലയിക്കുന്നു എന്നിങ്ങനെ ധ്യാനിക്കാൻ പറയുന്നു അതാണ് സമ്മർഗവിദ്യ സമ്മർഗം എന്നുവെച്ചാൽ ലയിക്കുക ആ ഒരു ധ്യാന ക്രമത്തെ ഉപദേശിക്കുക ആ വിദ്യ ഉപാസനകൾക്ക് അദിഷ്ടഫലമാണ് എന്താ പ്രാണനിലെല്ലാം ലയിക്കുന്നു വായുവിൽ ലയിക്കുന്നു പറഞ്ഞാൽ അതുകൊണ്ടല്ല വിശേഷിച്ച് ഒരു വൈദികമായ ധ്യാന സമ്പ്രദായമാണ് അതിന് അതുകൊണ്ട് അലൗകീയമായ ഫലങ്ങളും ഉണ്ടാകാം ആ ഫലമാണ്ക്കുവാൻ ഇത്രയും കീർത്തിയും മറ്റും ഉണ്ടായിക്കൊടുത്തത് അതുകൊണ്ട് സിദ്ധിവിശേഷങ്ങളെല്ലാം ഉണ്ടാകാം സിദ്ധി വന്നു കഴിഞ്ഞാൽ കീർത്തി ഉണ്ടാകുന്നു അതുകൊണ്ടാണ് അംശങ്ങൾ പറഞ്ഞത് എരഹൻ കീർത്തിയുള്ളവനാണ് തേജസ്സുള്ളവനാണെന്നെല്ലാം പറഞ്ഞു അത്രയൊരു വിദ്യയെ പ്രാപിക്കുന്നവന് വേണ്ടിയിട്ടാണ് തന്റെ പുത്രി ഉൾപ്പെടെയുള്ള എല്ലാ ധനവും ജാനശല് രഹീക്കുവിന് കാഴ്ചവയ്ക്കുന്നത് ഏവൻ ജാനൻ ഉപോദ്ഗ്രഹൻ ഉപാച ഉത്തവാണ് ൃണ്ണൻ ഉച്ച അജഹാര മാ ശൂദ്ര അനെയ്വ്യഥി തേക്വപർ നമ്മ മഹാവശേഷ ഉസ തസ്മേവാജഹാര ആഹൃതാൻ ഭവാൻ യ യശ്ചി താജഹാരള്ളാം പറയു കൊള്ളാം നീ എല്ലാം കൊണ്ടുവന്നല്ലോ കൊണ്ടുവന്നതിനാണ് നോട്ടം ഇമാ ശൂദ്ര നിശൂദ്ദ്രനാണെങ്കിലും കുഴപ്പമില്ല നീ കൊണ്ടുവന്ന സമ്പത്ത് കുഴപ്പമില്ല നിന്റെ മകള് തിരക്കേടില്ല കൊള്ളാൻ പറയുന്ന മുഖം എന്നാ ആലാപ പറയുന്നു നിന്റെ മകളുടെ മുഖം കണ്ടപ്പോ എനിക്കെല്ലാം അതാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം ഞാൻ ശരിക്കുള്ള അർത്ഥം പറയുന്നു വളച്ചെന്നും പറയുന്നില്ല മകളുടെ മുഖം കണ്ടപ്പോൾ എനിക്കെല്ലാം പറഞ്ഞു തരണമെന്ന് തോന്നിപ്പോകുന്നു എന്നാണ് ഒരുക്കും പറയുന്നത് എല്ലാം വ്യക്തമായി പറഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് അനേദൈവ മുഖേനതാ എന്റെ മുമ്പിൽ കാണുന്ന ഈ മുഖം കാണുമ്പോ എന്ന് വിചാരിച്ചാൽ ജാനശ്രുതിയുടെ പു പു പുത്രിയെ രഹിഷ്ടപ്പെട്ടു അതാണ് എന്റെ ചെറുപ്പം അതുകൊണ്ട് വിദ്യ ഉപദേശിക്കുന്നു ആ പെൺകുട്ടിയുടെ കാര്യം അനോയ കഷ്ടം തോന്നുന്നു ശൂദ്രീ പൂർവ്വോക്ത മാത്രം അതു കാരണാന്തര ഇവിടെയാണ് വീണ്ടും കുഴപ്പം വീണ്ടും തോന്നി ചെട വീണ്ടും അങ്ങനെ തന്നെ വിളിക്കുന്നു ശരി ഇതുവരെയുള്ള കാര്യം പോട്ടെ ആദ്യ ദുഃഖത്തോടുകൂടി വന്നു അപ്പൊ ശൂദ്രന്ന് വിളിച്ചാൽ നോക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ഇവിടെ രണ്ടാമത് വീണ്ടും സമ്പത്തുമായിട്ട് വന്നു ആ സന്തോഷമായി രഹുന് സന്തോഷമായി രഹുന് സന്തോഷമായപ്പോ ജാനശുദ്ധയ്ക്കു സന്തോഷമായി വീണ്ടും ശൂദ്രന്ന് എന്തിനാ വിളിക്കുന്നത് രണ്ടാമത് ുഃഖമില്ലല്ലോ ഇപ്പൊ ദുഃഖമുള്ളതുകൊണ്ട് ശൂദ്രൻ എന്ന് വിളിച്ചുന്ന് ഭാഷകാരൻ നേരത്തെ പറഞ്ഞ വ്യാഖ്യാനത്തിന് നേരെ വിരുദ്ധമാണ് രണ്ടാവെന്ന് പറയുന്നത് ശൂദ്രീ പൂർവ്വതാനുകൃതി മാത്രം അത് കാരണാന്തരപേക്ഷയാ പൂർവ്വ ഭാഷകാരന് മനസ്സിലായി ആദ്യത്തെ വ്യാഖ്യാനം അബദ്ധമാണ് ഇവിടെ മനസ്സിലായി എന്നാലും ദുർവ്യാഖ്യാനം ഒരു കള്ളം പറഞ്ഞാൽ അതിനെ സമ്മർദ്ദിക്കാൻ പിന്നെ നൂറുകള്ളം പറയേണ്ടി വരും അത് തന്നെ എവിടെയും ചെയ്യണം എന്താണ് ശൂദ്ര ഒന്നും നേരത്തെ വിളിച്ചത് കൊണ്ട് ഇനി മാറ്റി വിളിക്കണ്ടെന്ന് വിചാരിച്ച് വിളിച്ചെന്നേ ഉണ്ട് എന്നാ ഒരാളെ ദേഷ്യം മുൻ ഒരു ചീത്ത പിന്നെ അയാളുമായിട്ട് സ്നേഹത്തിലായാലും മുമ്പെന്തായാലും ചീത്ത പറഞ്ഞു അതുകൊണ്ട് ഇനി വേണ്ടി അത് എന്ന് പറയുന്ന പോലെയാണ് ഇത്രയും വലിയ യുക്തിവാദിയായ ആചാര്യൻ ഇവിടെ എന്താ വ്യക്തി ഉള്ളത് പറയാൻ ഒരു വ്യക്തിയുണ്ട് രണ്ടാമത് ശൂദ്രാന്ന് വിളിച്ചത് മുമ്പ് പറഞ്ഞതുകൊണ്ട് പറഞ്ഞു അനുകൃതി മാത്ര ആദ്യം അങ്ങനെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞു അത് കാരണേന്ദ്രാപേക്ഷയോ വേറെ ദുഃഖമുള്ളത് കൊണ്ടൊന്നുമില്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല അപ്പൊ ദുഃഖമുള്ളത് കൊണ്ടാണ് ശൂദ്രൻ എന്ന് പറഞ്ഞത് തൊട്ടടുത്ത് തന്നെ സ്വയം തിരുത്തേണ്ടി വന്നത് എന്തുകൊണ്ട് ശ്രുതിയെ തിരുത്തി കഴിഞ്ഞാൽ ആ തിരുത്തിയ വാഹന സ്വയം തിരുത്തേണ്ടി വരും അതാണ് ഇവിടെ ശങ്കരാചാര്യർക്കും പറ്റിയത് അപ്പൊ കൃത്രിമ തോന്നുന്നു നനകത്തത്തില്ല സത്യമേയും നനകത്തുള്ളൂ കൃത്രിമത്വം കുറച്ച് സമയത്തേക്ക് നനങ്ങ പിന്നീടത് പോകും അതുകൊണ്ടാണ് ഇവിടെ ചട്ടമ്പിസ്വാമി പറയുന്നത് ഇത് കൃത്രിമ ഭാഷമാണോ നേരായ ഭാഷ്യാണ് ഇത് മനഃപൂർവ്വമുള്ള ഭാഷയാണ് ശൂദ്രൻ എന്തവകാശമാണോ ഉണ്ടായിരുന്നോ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്ത ഭാഷയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്നത് കാരണാന്തര അപേക്ഷ പൂർവ്വം മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ പറയാൻ പറ്റത്തില്ല ഇവിടെ ദുഃഖം കൊണ്ട് ശൂദ്രൻ എന്ന് വിളിച്ചതൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് മനസ്സിലാക്കാം ഞാനി ശൂദ്രൻ തന്നെയാണ് പക്ഷേ ശുദ്ധനാണ് സദ്ഗുണസമ്പന്നന അതുകൊണ്ടാണല്ലോ അന്നദാനം പോലെയുള്ള സത്കർമ്മങ്ങൾ ചെയ്യുന്നത് സദ്ഗുണമുള്ളവർക്കല്ലേ അത് ചെയ്യാൻ പറ്റും പക്ഷേ താനീ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഉപാസനയുടെ ഫലമെന്നറിഞ്ഞപ്പോൾ അതിനോട് ചെന്ന് പെട്ടു ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്നുപെട്ടു അപ്പോൾ ആദ്യം കൊണ്ടു വന്ന് പോരാത്തുകൊണ്ട് കൂടുതൽ ധനം കൊണ്ടു വന്നപ്പോൾ ഉപദേശിച്ചു എന്നാണ് ഇതിനെ കുറിച്ച് ചട്ടമ്പിസ്വാമി പറയുന്നത് ഗുരവ ബഹവോ സന്ധി ശിഷ്യ വിത്താപഹ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ശിഷ്യന്മാരുടെ വിത്തത്തെ അപഹരിക്കുന്നവര് അതിൽപ്പെട്ട ഒരാളാണ് ഈ രഹ്വൻ എന്നാണ് ചട്ടമ്പിസ്വാമി പറയുന്നത് ശിഷ്യന്റെ വിത്തത്തെ അപഹരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് എന്നാണ് അവിടെ യാതൊരു ദാക്ഷിണ്യവും കാണിക്കുന്നില്ല ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചതനുസരിച്ചാണെങ്കിൽ ഇവിടെ രഹിഖന ഒരു വിത്താപഹാരിയായ ഗുരുവായി സ്വീകരിക്കേണ്ടി വരുമെന്ന് ഞാൻ പറയുന്നില്ല വേദാധികാര നിരോണത്തിൽ ചട്ടമ്പിസ്വാമി പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി ചോദിക്കുക അനേനൈവ മുഖേന വിദ്യാഗ്രഹണതീർപൈഷ്യുന്നു വിദ്യഗ്രഹണയോഗ്യത പറ എന്താണ് നിന്റെ മകളുടെ മുഖമാണെന്ന് വെച്ചാൽ നിന്റെ മകളുടെ സൗന്ദര്യമാണെന്ന് അർത്ഥം ഇത്രയും പച്ചയായിട്ട് പറയാനുള്ള ധൈര്യം ഉണ്ടായാലോ രോഹിക്കനെന്നാണ് ആലോചിക്കുന്നത് അനേനൈവ മുഖേന വിദ്യാഗ്രഹണതീർത്ഥേന മുഖമാണ് വിദ്യാഗ്രഹണത്തിനുള്ള യോഗ്യത ഇവിടെ ഭാഷകാലം പറഞ്ഞത് ബ്രഹ്മചാരി ധനം കൊടുക്കുന്നവൻ മേധാവി അവനാണ് വിദ്യക്കെത്തിയത് തീർത്ഥം അതാണെന്നാണ് തീർത്ഥം എന്ന് വെച്ചാൽ അധികാരി ഇവിടെ പറയുന്നത് നിന്റെ മകളുടെ മുഖമാണ് തീർത്ഥമെന്ന് വിദ്യ കൊടുക്കുന്നത് മകളെ കൊടുത്തത് കൊണ്ടാണ് വിദ്യ കൊടുക്കുന്നത് എന്നാണ് എന്ന് വിഖ്യാതമായ ആ രീക്കുവിന്റെ പേരിൽ വിഖ്യാതമായ ആ മഹാവിഷേഷു ദേശേഷു എത്ര യേശു ഗ്രാമേഷു രീഖു അവിടെ ഇരുന്നു രഹുൻ ഈ ഉപാസനയെല്ലാം ചെയ്ത് സിദ്ധനായി സിദ്ധനായതുകൊണ്ട് ആ സ്ഥലത്തിന് പേര് വന്നതെന്താണ് രഹ്ക്കുവർണ്ണം എന്ന് പറയുന്നത് വിഖ്യാത അങ്ങനെ പ്രസിദ്ധമായ സ്ഥലമാണ് അപ്പൊ ഹംസങ്ങൾ പറഞ്ഞത് സത്യമാണ് രഹിക്കൻ വിഖ്യാതനായിരുന്നു ആ സ്ഥലം പോലും രഹിക്കൻ്റെ പേരിലായി പക്ഷേ രഹിഖനിങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭാര്യ വേണം സമ്പത്ത് വേണം അങ്ങനെ ചില ആഗ്രഹങ്ങളുടെ ഭൂമി വേണം അതുകൊണ്ട് എന്തു പറഞ്ഞു ഞാനും ശരി നിന്റെ പേരിൽ പ്രസിദ്ധമായ ഈ സ്ഥലം യേശു ഗ്രാമേഷു വാസോഷിതവാൻ നീ ഏത് ഗ്രാമത്തിലാണോ ഇത്രയും കാലം വസിച്ചത് രഹ്ക്കുവാനസോ ഗ്രാമാൻ അദാദ് അസ്മ ര രാജ ആ ഗ്രാമത്തെ ആ രീക്കുവിനു നൽകി തന്റെ മകളെയും കൊടുത്തിരിക്കുകയല്ലേ അവൾക്ക് ജീവിക്കണ്ടേ കഴിയാനുള്ള വസ്തുവകകളും കൊടുക്കണമല്ലോ അതുകൊണ്ട് ആ ഗ്രാമവും തന്നെ നൽകി തസ്വീരത്ത് ഉപദേഹിക്കില്ല ഉപാച വിദ്യാംസും അങ്ങനെ ധനം കൊടുത്തു കഴിഞ്ഞാൽ ആ രഹിനോട് കൂടി ഉപദേശിച്ചു ഇവിടെ ചില സംശയങ്ങൾ ഇത്രയും കേട്ട് കഴിയും ഒന്ന് ഈ രഹിക്കൻ ഇത്രയും ധനമൊക്കെ ആഗ്രഹിച്ച ഒരാൾ പെൺകുട്ടിയെ കിട്ടിയപ്പോൾ വിദ്യ ഉപദേശിച്ചു ഇതൊരു ശരിയായ ഗുരുവാണോ അങ്ങനെ അങ്ങനെയാണോ വിദ്യ ഉപദേശിക്കേണ്ടത് ഇനി ജാനശ്രുതി പോയി വിദ്യ സ്വീകരിച്ചു ഇങ്ങനെയാണോ വിദ്യ സ്വീകരിക്കേണ്ടത് പണവും മകനെയൊക്കെ കൊടുത്തിട്ടുണ്ടോ വിദ്യ സ്വീകരിക്കേണ്ടത് ഇതൊക്കെ ശരിയാണോ േദം ഇങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ള സംശയം ഇത് കേൾക്കുന്നതുകൊണ്ട് മനസ്സിലുണ്ട് ഉണ്ടാവും വിദ്യ കൊടുക്കുന്നതിനും വിദ്യ സ്വീകരിക്കുന്നതിനും ഇതൊക്കെ ശരിയായ ഒരു രീതിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗുരു ഇങ്ങനെയാണോ വിദ്യ കൊടുക്കേണ്ടത് ഇങ്ങനെ ആകാമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങളുടെ എണ്ണം മനസ്സിൽ കാണും ഈ സംശയം എന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനു സമാധാനമൊന്നും പറയുന്നില്ല ഇനി അടുത്ത് ഇത്രയൊക്കെ മനസ്സിലാക്കി എന്ത് വിദ്യ കൊടുത്തുടോന്നറിയണോ അതുകൊണ്ട് മാത്രം ആ ഭാഗം കൂടെ അല്ലെങ്കിൽ സാധാരണഗതി നമ്മൾ വായിച്ചു പോകുന്ന ഭാഗമാണ് പക്ഷെ ഒരു ജിജ്ഞാസുണ്ടാവും ഇത്രയും വലിയ ത്യാഗം ചെയ്ത് നേടിയ വിദ്യ എന്താ ഇതിന് സമ്മർഗവിദ്യ എന്നാണ് ഇതിനപ്പെടുന്നത് പഞ്ചാഗ്നി വിദ്യ സംവർഗവിദ്യ ഇതെല്ലാം വേദങ്ങൾ പറയുന്നത് ഉപാസനകളാണ് അലൗകികമായ ഫലങ്ങളുള്ള ഉപാസനകൾ ഇവിടെ ആദ്യം വായുവിനെ കുറിച്ച് പറയുന്നത് എന്താണോ വായുർവാവസം െയാണ് സമ്പർഗം സമ്പർക്കം എന്താണോ അർത്ഥം പറഞ്ഞത് പറയുന്നു സമ്പർഗ സമ്പർജന സംഗ്രഹന സം ഗ്രസന സമ്പർഗ സംഗ്രഹിക്കുന്നത് കൊണ്ട് ഗ്രസിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് സമ്പർക്ക എന്താണത് ശ്രുതി എന്ന പറയുന്നു യഥാ അഗ്നി ഉദ്വായതി വായുമേവ്യതി എപ്പോഴാണോ ഈ അഗ്നി തീ അണഞ്ഞു പോകുന്നത് അത് വായുവിനേക്കാണല്ലോ പോകുന്നത് അതിനോട പറഞ്ഞ സംവർജനം സംഗ്രഹണം സംഗ്രസനവും പറഞ്ഞു അഗ്നിയെ വായു ഗ്രസിക്കുന്നു സൂര്യ അസ്തമേതി സൂര്യൻ അസ്തമിക്കുന്നു വായുമേ വാതി വായുവിനെയാണ് അത് പ്രാപിക്കുന്നത് കാരണം വായുവ ഉദ്ദേശിക്കുന്ന പ്രാണശക്തിയാണ് അത് ഭാഷകാരനും വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പോൾ ആ ശക്തി ആശ്രയിച്ചിട്ടാണല്ലോ സിംഗീൻ അപ്രത്യക്ഷമാകുന്നത് യഥാ ചന്ദ്രമോ അസ്തമീരി വായുമേവാരി ചന്ദ്രൻ അസ്തമിക്കുന്നു മറയുന്നു എന്തുകൊണ്ട് അതിന്റെ ചലനം കൊണ്ടാണ് അത് മറയുന്നത് യഥാശ്യുന്നു അതുകൊണ്ട് വായുസമ്മർദ്ദമാണ് അവിടുത്തെ യഥാ ആപ ഉച്ഛുഷ്യന്തി അപിയെ വേദൻ സംഭൃക്തം യഥാപിഷ്യത്തിളം ഉണങ്ങിപ്പോകുന്നു കാറ്റടിച്ച് വായുമേ അപിയെതി അതും വായുവിനെയാണല്ലോ പ്രാപിക്കുന്നു വെള്ളം വായുവിനാണല്ലോ വിജയിച്ചു വായു സർവാൻ സംവരാണ് സംവർഗം എന്ന് പറയുന്നത് വായു ഇതിനെയെല്ലാം സ്വീകരിക്കുന്നു അതുകൊണ്ട് ഇത് അതിദൈവത ഉപാസനയാണ് ഇതുകൊണ്ട് വായു എന്ന് പറയുന്നത് ബാഹ്യമാണ് സ്ഥൂലമാണ് അത് കേവലം ഭൗതികമായ വായു മാത്രമല്ല വായുദേവതയോട് കൂടിയ വായു അതാണ് അതിദൈവത ഉപാസന കേവലം വായുവിനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു ആ വായുവിന് പിന്നിലൊരു ദേവതാ ചൈതന്യമുണ്ട് അതിനാണ് ഉദ്ദേശിക്കുന്നത് ആ ദേവതാ ചൈതന്യത്തിന്റെ വിശേഷതയാണ് ഇതിനെല്ലാം സംഗ്രസിക്കുക പിഴുങ്ങിക്കളയുക സ്വീകരിക്കുക എന്ന് പറയും അപ്പോൾ ആ ചോദിച്ചെന്താണ് അങ്ങ് ഏത് ദേവതയാണ് ഉപാസിക്കുന്നത് ഇത് രേഖുവൻ മറുപടി പറയുന്നതാണ് ആ അതിദേവത ഉപാസന അങ്ങനെയാണ് ആ വായുദേവത ഇനി അധ്യാത്മദേവതയുടെ ഉപാസനയെക്കുറിച്ച് അതേതാണ് പ്രാണദേവതയാണ് അതാണ് അടുത്ത് പറയുന്നത് അത് അധ്യാത്മം പ്രാണോവാസംവർഗിതിക്ഷു ശ്രോത്രം മനഃഹ്യൻ സർവാൻ സംത്മം ഇനി അധ്യാത്മോപാസനയെക്കുറിച്ച് പറയും ാണ് സമ്മർഗം എന്ന് പറയുന്നു അങ്ങനെ സ്വീകരിക്കുക സമ്പർഗമായി സയ്യദ സുപിതി എപ്പോഴാണോ അവൻ ഉറങ്ങുന്നത് പ്രാണമേവ വാഗപ്പിയതി ഈ വാഗേന്ദ്രയും പ്രാണനെ ലയിക്കുന്നു ജീവൻ എപ്പോഴാണോ ഉറങ്ങുന്നത് പ്രാണു ചുഷ് പ്രാണനിൽ ലയിക്കുന്നു പ്രാണം സ്ത്രോത്രം ഉറക്കത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ അവിടെ പ്രാണൻ പ്രവർത്തിക്കുന്നു ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല ശ്രോത്രം അതിൽ ലയിക്കുന്നു മനസ്സതിൽ ലയിക്കുന്നു പ്രാണോ സർവാൻ പ്രങ് തേ പ്രാണൻ ഇതിനെയെല്ലാം തന്നിലേക്ക് സംഗ്രസനം ചെയ്യുന്നു വിലയിപ്പിക്കുന്നു അപ്പോ ഇതെന്താണെന്ന് പറഞ്ഞു അധ്യാത്മ സമഷ്ടിയാണ് അതിദൈവം ഈ ജീവൻ ഈ ശരീരം ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രാണെന്നത് അധ്യാത്മം ആത്മസംബന്ധിയായിട്ടുള്ളത് ജീവസംബന്ധിയായിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ ശരീര സംബന്ധിയായിട്ടുള്ളതെന്നോ പറയാൻ അധ്യാത്മത്തിൽ അപ്പൊ അവിടെ എന്താണ് ഈ പ്രാണദേവത ധ്യാനിക്കുക ഈ പ്രാണദേവത സർവത്തെയും സംഗ്രഹിക്കുന്നവനാണ് ഈ വായുദേവത സർവത്തെയും സംഗ്രഹിക്കുന്നവനാണ് തോ വ ഏതോ തൗ സമ്പർഗ വായുരേവ ദേവേഷു പ്രാണപ്രാണേഷു പറയുന്നു ഈ ദേവതമാരിൽ ഈ രണ്ടു പേർക്കാണ് ഈ സമ്പർഗസ്വഭാവമാണ് ഒന്ന് ആ മഹാപ്രാണനും മറ്റൊന്ന് ഈ വായുവിന് ഇതെല്ലാം അവസാനം ഈ ഉപാസന എല്ലാം ചെന്നെത്തുന്നത് പ്രജാപതിയിലാണോ എന്ന് ഇനി അടുത്തു വരുന്ന ഭാഗത്ത് പറയും ഇവിടെ ഉപാസന ഉപാസനയെ കുറിച്ചുള്ള ഉപദേശിച്ചത് ഉള്ളൂ ലൈക്കും ജാനശ്രദ്ധിക്കും ഉപദേശിക്കുന്നത് ഉള്ളൂ നീ ഇങ്ങനെ ഉപാസിക്കുക പ്രാണനിയും വായുവിനയും സമ്മർഗ ദേവതകളായിട്ട് ഉപാസിക്കും ഈ രണ്ട് ദേവതകളെയാണ് ഞാൻ ഉപാസിക്കുന്നത് തീർച്ചയായിട്ടും പ്രാണന് ഉപാസിച്ചാൽ അതിന് ഫലമുണ്ട് അലൗകികമായ അത്ഭുതമായ സുദ്ധിവിശേഷങ്ങളൊക്കെ ഉണ്ടാവും ആ ഉപാസന കൊണ്ടാണ് രൈവന് കീർത്തിയും സിദ്ധിയും എല്ലാം ഉണ്ടാവും അതാണ് ജ്ഞാനശ്രുദ്ധി ആകർഷിച്ചതും ജാനശുദ്ധി അത് സ്വീകരിച്ചതും അത് വൈദികമായ ഉപാസന ഫലം അതിനകത്ത് അനാവശ്യമായിട്ടൊരു ജാതിവാദം കൊണ്ടോന്നു അതുകൊണ്ട് നമുക്കതിനുവേണ്ടി കുറച്ച് സമയവും കടയേണ്ടി വരും